മോനെ നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ അത് നിറവേറ്റേണ്ട കടമ ഇല്ലേ നമുക്ക് അമ്മ ഇതൊക്കെ വിറ്റുതുലച്ചിട്ട് പട്ടണത്തിൽ പോയി സുഖിച്ചു കഴിയാമെന്നുള്ള വിചാരം കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നാണോ അമ്മയുടെ വിചാരം അല്ല കുട്ട എനിക്കും നിന്റെ മനസ്സ് നല്ലോണം അറിയാം എങ്കിൽ പിന്നെ എന്തിനു തടസ്സം പറയുന്നു എന്നാണോ എനിക്ക് മറക്കാനാവുന്നില്ല അമ്മ ഞാൻ പിന്നെ എന്ത് ചെയ്യണം വേറെ ഒരു വഴിയുമില്ലേ കുട്ട ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അമ്മയെ ബുദ്ധിമുട്ടിക്കുമായിരുന്നോ ഈ വീടും പുരയിടവും കൂടി വിറ്റാൽ എത്ര കിട്ടിയേക്കും പന്തിരായിരം വരെ വാങ്ങി തരാമെന്ന് കിട്ടിപിള്ള സാറ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കടം തീരുമോ മോനെ പിന്നെയും ഒരു ഏഴായിരത്തോളം വേണം അതിന് നീ എന്തു ചെയ്യും പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും മൂവായിരം വരെ കടം എടുക്കാൻ പറ്റിയേക്കും പിന്നെ ചേച്ചിയുടെ ഭർത്താവ് രണ്ടായിരത്തി രൂപയോളം കടം തരാമെന്ന് ഏറ്റിട്ടുണ്ട് പിന്നെയും വേണമല്ലോ ആയിരത്തിലധികം എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട് തന്നേക്കുമെന്നാണ് പ്രതീക്ഷ ിസൺ ആൻഡ് റിപ്പീറ്റ് മോനെ നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കാത്തത് അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ അത് നിറവേറ്റേണ്ട കടമയില്ലേ നമുക്ക് അത് നിറവേറ്റേണ്ട കടമയില്ലേ നമുക്ക് അമ്മ ഇതൊക്കെ വിറ്റ് തുലച്ചിട്ട് പട്ടണത്തിൽ പോയി അമ്മ ഇതൊക്കെ വിറ്റ് തുലച്ചിട്ട് പട്ടണത്തിൽ പോയി സുഖിച്ചു കഴിയാമെന്നുള്ള വിചാരം കൊണ്ട് സുഖിച്ചു കഴിയാമെന്നുള്ള വിചാരം കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നാണോ അമ്മയുടെ വിചാരം ഞാൻ ഇങ്ങനെ പറയുന്നു എന്നാണോ അമ്മയുടെ വിചാരം അല്ല കുട്ട അല്ല കുട്ട എനിക്ക് നിന്റെ മനസ്സ് നല്ലോണം അറിയാം എനിക്ക് നിന്റെ മനസ്സ് നല്ലോണം അറിയാം എങ്കിൽ പിന്നെ എങ്കിൽ പിന്നെ എന്തിന് തടസ്സം എന്തിന് തടസം പറയുന്നു എന്നാണോ മോനെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും മോനെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിന്റെ അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ ചെവിയിൽ കിടന്ന് മുഴങ്ങുകയാണ് നിന്റെ അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ ചെവിയിൽ കിടന്നു മുഴങ്ങുകയാണ് ഭവാനീ നിനക്ക് എന്തു പ്രയാസം വന്നാലും ഈ വീടും പുരയിടവും വിൽക്കരുത് ഭഗവാനി നിനക്ക് എന്ത് പ്രയാസം വന്നാലും ഈ വീടും പുരയിടവും വിൽക്കരുത് ഭഗവതിയുടെ അനുഗ്രഹമുള്ള സ്ഥലമാണിത് ഭഗവതിയുടെ അനുഗ്രഹമുള്ള സ്ഥലമാണിത് പറഞ്ഞിട്ട് എന്റെ കണ്ണുകളിലേക്കു തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് എന്നു പറഞ്ഞിട്ട് എന്റെ കണ്ണുകളിലേക്ക് തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് കിടന്ന ആ കിടപ്പ് എനിക്ക് മറക്കാനാവുന്നില്ല കിടന്ന ആ കിടപ്പ് എനിക്ക് മറക്കാനാവുന്നില്ല അമ്മ ഞാൻ പിന്നെ എന്ത് ചെയ്യണം അമ്മ ഞാൻ പിന്നെ എന്ത് ചെയ്യണം വേറെ ഒരു വഴിയുമില്ലേ കുട്ട വേറെ ഒരു വഴിയുമില്ലേ കുട്ട ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അമ്മയെ ബുദ്ധിമുട്ടിക്കുമായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അമ്മയെ ബുദ്ധിമുട്ടിക്കുമായിരുന്നോ ഈ വീടും പുരയിടവും കൂടി വിറ്റാൽ എത്ര കിട്ടിയേക്കും ഈ വീടും പുരയിടവും കൂടി വിറ്റാല് എത്ര കിട്ടിയേക്കും പന്തീരായിരം വരെ വാങ്ങി തരാമെന്ന് കിട്ടിപിള്ള സാറ് പറഞ്ഞിട്ടുണ്ട് പന്തിനായിരം വരെ വാങ്ങി തരാമെന്ന് കിട്ടിപിള്ള സാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കടം തീരുമോ മോനെ അതുകൊണ്ട് നമ്മുടെ കടം പിന്നെയും ഒരു ോളം വേണം പിന്നെയും ഒരു ഏഴായിരത്തോളം വേണം അതിന് നീ എന്ത് ചെയ്യും പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും മൂവായിരം വരെ കടമെടുക്കാൻ പറ്റിയേക്കും പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും മൂവായിരം വരെ കടമെടുക്കാൻ പറ്റിയേക്കും പിന്നെ ചേച്ചിയുടെ ഭർത്താവ് രണ്ടായിരത്തി രൂപയോളം കടം തരാമെന്ന് ഏറ്റിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ ഭർത്താവ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം കടം തരാമെന്ന് ഏറ്റിട്ടുണ്ട് പിന്നെയും വേണമല്ലോ ആയിരത്തിലധികം പിന്നെയും വേണമല്ലോ ആയിരത്തിലധികം എന്റെ ൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട് എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട് തന്നേക്കുമെന്നാണ് പ്രതീക്ഷ തന്നേക്കുമെന്നാണ് പ്രതീക്ഷ